യുദ്ധം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമാണ് എന്നാൽ നിങ്ങൾ ഒരു കാര്യത്തെ വെറുക്കുന്നുണ്ടാകാം പക്ഷേ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കാം നിങ്ങൾ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ടാകാം പക്ഷേ അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കാം അള്ളാഹുസുബാനുഹൂവറ്റാല അറിയുന്നു എന്നാൽ നിങ്ങൾ അറിയുന്നില്ല